സത്യവിശ്വാസികൾ സത്യവിശ്വാസികളല്ലാത്തവരെ വിശ്വാസികൾക്കു പകരം മിത്രങ്ങളാക്കരുത് ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അവന് അള്ളാഹുസുബഹാനുവലയുമായി യാതൊരു ബന്ധവുമില്ല എന്നാൽ അവരിൽ നിന്ന് നിങ്ങൾ ജാഗ്രത പാലിക്കേണ്ടി വരുമ്പോൾ ഒഴികെ അള്ളാഹുസുബഹാനഹുവത്തയാല തന്നിൽ നിന്ന് നിങ്ങളെ താക്കീത് ചെയ്യുന്നു അള്ളാഹുസുബാനഹുവത്തയാലയിലേക്കാണ് മടക്കം